സങ്കീർത്തനം നൂറ്റി ഒൻപത് എന്റെ പുകഴ്ചയായ ദൈവമേ മൌനമായിരിക്കരുതേ ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു ഘോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു അവർ ദ്വേഷ വാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു എന്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു നന്മയ്ക്കു പകരം തിന്മയും സ്നേഹത്തിനു പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു നീ അവന്റെ മേൽ ഒരു ദുഷ്ടനെ നിയമിക്കണമേ എതിരാളി അവന്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരിൽ തെളിയട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ അവന്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ അവന്റെ മക്കൾ അനാഥുരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ തങ്ങളുടെ ശൂന്യഭവനങ്ങളെ വിട്ട് ഇരന്ന് നടക്കട്ടെ കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ അന്യജാതിക്കാർ അവന്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ അവന് ദയ കാണിപ്പാൻ ആരുമുണ്ടാകരുതേ അവന്റെ അനാഥരോട് ആർക്കും കൃപ തോന്നരുതേ അവന്റെ സ്വന്തതി മുടിഞ്ഞു അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയും വരുതേ അവ യഹോവയുടെ മുമ്പാകെ ഇരിക്കട്ടെ അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് തന്നെ അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു ശാപം അവന് പ്രിയമായിരുന്നു അത് അവന് ഭവിച്ചു അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു അതവനെ വിട്ടകന്നുപോയി അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കെട്ടുന്ന കച്ച ഇരിക്കട്ടെ ഇത് എന്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു നീയോ കർത്താവായ ഹോവി നിന്റെ നാമത്തിനടുത്ത വണ്ണം എന്നോട് ചെയ്യണമേ നിന്റെ ദയ നല്ലതാകുകൊണ്ട് എന്നെ വിടിവിക്കണമേ ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു ഒരു വെട്ടിക്കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു എന്റെ മുഴംകാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു എന്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു ഞാൻ ഒരു നിന്നയായി തീർന്നിരിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ തലകുലുക്കുന്നു എന്റെ ദൈവമായ ഹോവെ എന്നെ സഹായിക്കണമേ നിന്റെ ദയക്കു തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ യഹോവേ ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ അവർ ശപിക്കട്ടെ നീയോ അനുഗ്രഹിക്കണമേ അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ അടിയനോ സന്തോഷിക്കും എന്റെ എതിരാളികൾ നിന്നാ ധരിക്കും പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും ഞാൻ എന്റെ വായ്ക്കൊണ്ട് ഈ അത്യന്തം സ്തുതിക്കും അതെ ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തും അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു